പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ തൻറെ ഭർത്താവിനെക്കുറിച്ച് നിന്നോട് തർക്കിക്കുകയും അള്ളാഹു സുബഹാനുഹുവറ്റയാലായോട് പരാതിപ്പെടുകയും ചെയ്ത സ്ത്രീയുടെ വാക്കുകൾ അള്ളാഹു സുബഹാനഹുവറ്റയാല കേട്ടു നിങ്ങളുടെ രണ്ടുപേരുടെയും സംഭാഷണം അള്ളാഹു സുബഹാനുഹുവറ്റയാല കേൾക്കുന്നുണ്ട് തീർച്ചയായും അല്ലാഹു സുബഹാനുഹുവറ്റയാല എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാകുന്നു